യംബ്ധ അപരം ലാഭം മന്യത്തെസ്മ സ്ഥിത് ദുഃഖേന ഗുരുണൊപ്പം വിചാല്യത്തെ തം വിദ്യുഃഖസംയോ വിയോഗം യോഗസം സ നിശ്ചയോയോ അനിർവിണചേതസം സങ്കൽപ്പഭവാൻ കാൻ തൃക്വാ സർവാൻ അശേഷ മനസൈവേന്ദ്രിഗ്രാമം വിനിയമ്യ സമന്ത് ശനൈ ശനൈ ഉപരമേത് ബുദ്ധ്യതൃതിഗൃഹീതയാത്മസംസ്ഥം മനഃ നമുക്ക് ചിന്തയത് ഇത്രയമാണ നോക്കുന്നുകൊണ്ട് ധ്യാനം ചെയ്യുന്ന പ്രക്രിയയെ ആണ് ഭഗവാൻ പറഞ്ഞു തുടങ്ങിയത് ശുചൗ ദേശെ പ്രതിഷ്ഠാപ്യ എന്ന് തൊട്ട് അതുതന്നെ തുടർന്ന് പറഞ്ഞു യഥാവിനീയതം ചിത്തം ആത്മന്യേവ അവതിഷ്ടയും നിസ്പൃഹസർവകാമേഭ്യോ യുക്തയുത്യച്ഛതേ തഥ ഈ ശ്ലോകം കൊണ്ട് ധ്യാനത്തിൻ്റെ സ്വരൂപത്തിനെ സമാധിസ്ഥിതിയെ പറഞ്ഞു അത്രയും പറഞ്ഞ് ഇപ്പോൾ അഭ്യാസക്രമത്തിനെ ഭഗവാൻ പറയാൻ തുടങ്ങാണ് എങ്ങനെയാണ് അഭ്യാസം ചെയ്യേണ്ടത് മനസ്സിനെ പതുക്കെ പതുക്കെ എങ്ങനെ ഭഗവത് സ്വരൂപത്തിലേക്ക് സ്വരൂ സ്വസ്വരൂപത്തിലേക്ക് കൊണ്ടുവരണം അതിനു മുമ്പായിട്ട് ദുഃഖ സംയോഗിയോഗം യോഗ സംജ്ഞത്വം എന്ന് പറഞ്ഞു ദുഃഖത്തിന് ഒരറുതി വരുത്തുന്നതാണ് എല്ലാവരും കാക്ഷിക്കുന്നത് ആത്യന്തിക ദുഃഖവിഘാതം എന്നാണ് എല്ലാവരും കാക്ഷിക്കുന്നത് അതാണ് അതാണ് അധ്യാത്മം എന്ന് പറയുന്നതും ദർശനങ്ങളൊക്കെ അതിനാണ് ദുഃഖത്തിനെ മുഖ്യമായിട്ട് തിരിച്ചത് ജന്മദുഃഖം ജരാദുഃഖം വ്യാധി ദുഃഖം മൃത്യുദുഃഖം ഔപാധികമായ ദുഃഖം അതായത് ശരീരത്തിൽ നിന്നും വരുന്ന ദുഃഖം ഈ ദുഃഖം ശരീരത്തിൻ്റെയാണ് ശരീരം ഞാനല്ല ശരീരം എൻ്റെ അല്ല ശരീരം പ്രകൃതിയുടെ ശരീരം പ്രകൃതിയാണ് ഞാനോ ഇതിനെ അധിഷ്ഠാനമായ ശുദ്ധമായ ചൈതന്യമാണ് എന്നുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ ഉപാധിയുടെ ദുഃഖം നമ്മളെ അല്പം പോലും ബാധിക്കുന്നില്ല എന്നുള്ള അവബോധം ഉണ്ടെങ്കിൽ ദുഃഖത്തിന് അറുതി ഉണ്ട് ആ ദുഃഖത്തിൻ്റെ അറുതിയാണ് ഭഗവാൻ ഇവിടെ യോഗം എന്ന് പറഞ്ഞത് ദുഃഖ സംയോഗവിയോഗം അതാണ് ബുദ്ധനും മറ്റുമൊക്കെ തെറിഞ്ഞത് ചക്രവർത്തിയായി ഇരുന്നാലും ഇതൊക്കെ പോവില്ലെന്ന് കണ്ട് സിദ്ധാർത്ഥന ഒക്കെ വിട്ടുപോയത് ഇതിനൊരു അറുതി വരുത്താൻ കഴിയുമെന്ന് തീരുമാനിച്ചിട്ടാണ് തപസിലിരുന്നതും വിചാരം ചെയ്തതും അവസാനം പറഞ്ഞു ഞാൻ അതിനെ കണ്ടെത്തിയിരിക്കുന്നു ആസനത്തിൽ ഇരുന്ന് ബുദ്ധൻ സിദ്ധാർത്ഥൻ പറഞ്ഞു അത്രയും ഈ ശരീരം ഇവിടെ തന്നെ ശോഷിച്ച് ശുഷ്കമായിട്ട് പോട്ടെ ഇഹാസനേ ശുഷ്യതുമേ ശരീരം ത്വഗസ്തിമാംസം വിലയം ചെയ്യാത്ത അപ്രാപ്യബോധം ബഹു കൽപ ദുർലഭം നൈവാസനാ കായമിതം ചലിഷ്യത്തി ആ ബോധം കിട്ടാതെ ഈ ശരീരം ഇവിടുന്ന് ചലിക്കില്ല ഇവിടെ തന്നെ അത് ശോഷിച്ചു പോകട്ടെ മണ്ണോട് മണ്ണായി പോകട്ടെ എന്നാലും ശരി ആ സത്യത്തിനെ അറിയാതെ ഞാൻ എഴുന്നേക്കില്ല എന്നൊക്കെ ബുദ്ധൻ പറഞ്ഞതായിട്ട് കഥകള് എന്താ സത്യം ഏതറിഞ്ഞാലാണോ നിർവാണം നിർവാണം എന്ന് വച്ചാൽ ഈ ദുഃഖത്തിന്റെ അല്പസ്പർശം പോലുമില്ലാത്ത പരമപദം സുഖം ആത്യന്തികം യുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം വേത്തിയത്രന ചൈവായം സ്ഥിതശലി അതാണ് ഡെഫനിഷനത്തിന് ആത്യന്തികം സുഖം എന്നുവെച്ചാൽ ഇനി ആ സുഖം പൂർണ്ണമാണ് അതിലൊന്നും ചേർക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ല അപ്പൊ അതിനെങ്ങനെ അറിയുന്നു സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് ജ്ഞാനദൃഷ്ടി കൊണ്ട് അതിനെ അറിയുന്നു അതിനെ റിഫ്ലക്ട് ചെയ്യുന്നു പ്രതിഫലിച്ചു കാണുന്നു അതീന്ദ്രം അതറിഞ്ഞു കഴിഞ്ഞാലോ തത്വത ചലതി തത്വത്തിൽ നിന്ന് ഒരിക്കലും അതിനു മേലെ ചലിച്ചു പോകില്ല അവൻ ജീവൻ മുക്തനായിട്ട് തീരും തത്വത്തിൽ പ്രതിഷ്ഠിതനായിട്ട് തീരും അതിനെ യോഗം എന്ന് ഭഗവാൻ ഡെഫിനേഷൻ കൊടുത്തു ആ യോഗം എങ്ങനെ സാധിക്കും അതിനാദ്യ പടിയായി പറഞ്ഞു സങ്കല്പത്തിൽ നിന്നുണ്ടാവുന്ന കാമനകളെ പതുക്കെ പതുക്കെ വിടാം ബുദ്ധൻ പന്ത്രണ്ട് വർഷം തപസ് കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞത് കാമനയാണ് ദുഃഖത്തിന് കാരണം ഭഗവാൻ ഇവിടെ ഗീതയിൽ സ്ഥിതപ്രജ്ഞലക്ഷണം പറയുമ്പോ തന്നെ പറഞ്ഞു പ്രജഹാതിയതാ കാമാൻ സർവാൻ പാർത്ഥ മനോഗത അപ്പൊ സങ്കല്പത്തിൽ നിന്നും ഉടലെടുക്കുന്നതാണ് കാമനകള് എന്ന് നമ്മള് നില കണ്ടു വസ്തുക്കളിൽ സുഖമുണ്ടെന്നും ആ വസ്തുക്കൾ കിട്ടുമ്പോഴാണ് നമ്മള് പൂർണരാവണത് എന്നുമുള്ള ധാരണയാണ് സങ്കല്പം പുറമേ നിന്ന് എന്തോ കിട്ടിയിട്ട് വേണം എനിക്ക് പൂർണ്ണമാവാൻ ഞാൻ സ്വയമേവ പൂർണമല്ല അങ്ങനെയുള്ള ധാരണയിൽ നിന്നുമാണ് ആഗ്രഹങ്ങൾ ഉടലെടുക്കുന്നത് അജ്ഞാനത്തിൽ നിന്നാണ് ആഗ്രഹം ഉടലെടുക്കുന്നത് എനിക്ക് പലതും വേണം പലതും കിട്ടിയിട്ട് വേണം എനിക്ക് ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടാകാനായിട്ട് കാമനകളൊപ്പം എപ്പോ പോകും സങ്കല്പം പോകണം സങ്കല്പം പോകണമെങ്കിലോ പുറമേയുള്ള വസ്തുക്കളിൽ രുചിയില്ലാതാവണം പുറമേക്കുള്ള വസ്തുക്കൾ രുചിയില്ലാതാവണമെങ്കിലോ ഞാൻ സ്വയമേവ പൂർണ്ണമാണെന്ന് അറിയണം അതിനാണ് ആദ്യം തത്വത്തിനെ നിശ്ചയിക്കുക എന്നിട്ടോ മനസ്സൈവ ഇന്ദ്രിയ ഗ്രാമം വിനിയമ്യം പതുക്കെ പതുക്കെ മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്ത് പതുക്കെ പതുക്കെ ധ്യാനവേളയിലോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉടനീളമോ ഈ ശനൈഹി ശനൈഹി എന്നുള്ളത് ആസനസ്ഥനായി ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ ആയിട്ടും എടുക്കാം ജീവിതത്തിൽ തന്നെ പതുക്കെ പതുക്കെ വ്യവഹാരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പതുക്കെ പതുക്കെ ഉപരമേത് പതുക്കെ പതുക്കെ ഈ തപസ് എന്ന് പറയണത് എന്തെങ്കിലുമൊക്കെ ചെയ്യലല്ല പലതും ഉപേക്ഷിക്കലാണ് നമ്മൾ ചെയ്തിട്ടൊന്നും നേടാനില്ല ചെയ്യണതിൻ്റെയും ഒക്കെ തന്നെ ഉദ്ദേശം പുതിയ പുതിയ ബന്ധങ്ങളിൽ കടന്നുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജപം ചെയ്യൂ ധ്യാനം ചെയ്യൂ പൂജ ചെയ്യൂ ഒക്കെ പറയണത് അല്ലാതെ ജപം കൊണ്ടോ ധ്യാനം കൊണ്ടോ പൂജ കൊണ്ടോ അല്ല നമ്മള് ആത്മാനുഭവം നേടാൻ പോണത് കള്ളം പറയാതിരിക്കണത് കൊണ്ട് മനസ്സിൽ അശുദ്ധി കയറാതിരിക്കണത് കൊണ്ട് കാമക്രോധ ലോപമോഹങ്ങൾ വരാതിരിക്കണത് കൊണ്ട് വ്യതിരേകമാണ് തപസ് അപ്പൊ പതുക്കെ പതുക്കെ ഉപേക്ഷിക്കുന്നതിലാണ് നമ്മളുടെ പൂർണത ഓരോ വസ്തുക്കളായി എടുത്തു മാറ്റുമ്പോ ഇവിടെ സ്പേസ് ഉണ്ടാവണ പോലെ നമ്മളിൽ നമ്മളല്ലാതിരിക്കുന്ന വസ്തുക്കളെ പതുക്കെ പതുക്കെ ഉപേക്ഷിക്കുക ഡിപ്പെൻഡൻസ് പതുക്കെ പതുക്കെ വിടുക ആശ്രയം പതുക്കെ പതുക്കെ വിടുക അതാണ് ശനൈഹി ശനൈഹി എന്ന് ഭഗവാൻ പറഞ്ഞത് ആ ശനൈഹി പദത്തിന് കാരണം എന്താ നിങ്ങളുടെ ദൗർബല്യം കൊണ്ടാണ് പലതിനെ ആശ്രയിച്ചിരിക്കുന്നത് പക്ഷെ ഫലമായിട്ട് പിടിച്ചു വലിച്ചാൽ ചിലപ്പോൾ വിഷമുണ്ടാവും അതുകൊണ്ട് പതുക്കെ പതുക്കെ ഉപരമണം നടത്തുക എന്തെന്തുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ബഹിർമുഖമാവുന്നു എന്തെന്തു കൊണ്ട് ചുമ്മായിരിക്കൽ സാധ്യമാവുന്നില്ലയോ എന്നെ കിഞ്ചിതപ്പി ചിന്ത ചെയ്തെന്ന് ഭഗവാൻ പറഞ്ഞല്ലോ ചുമ്മാ ഇരിക്കൽ ഈ ചുമ്മാ ഇരിക്കുക എന്ന് പറയണത് സമാധിസ്ഥിതിയെക്കാളും വലിയ സാധനയാണ് സാധനയല്ല അത് സിദ്ധസ്ഥിതിയാണ് ഈ സമാധി എന്നൊക്കെ പറയണത് മനസ്സിൻ്റെ ഏകാഗ്രത കൊണ്ട് ഉണ്ടാവുന്നതാണ് ഈ ചുമ്മാ ഇരിക്കൽ എന്ന് പറയണത് മനസ്സിനപ്പുറം ഉള്ളതാണ് മനസ്സിനെ ആശ്രയിക്കാതെ വരുന്നതാണത് ചിത്തവൃത്തികളെ ആശ്രയിക്കാതെ വരുന്നതാണത് സ്ഥൂല ശരീരത്തിനെയോ സൂക്ഷ്മ ശരീരത്തിനെയോ കാരണശരീരത്തിനെയോ തൻ്റെതെന്നോ അഭിമാനിക്കാതെ അതൊക്കെ പ്രകൃതിയുടെ ആണ് അത് തന്റെ സ്വരൂപത്തിൽ വാസ്തവമായിട്ട് ഇല്ലെന്ന് നിശ്ചയിച്ച് താൻ താനായി സ്ഥിതിയാണ് ചുമ്മാ എന്ന് പറഞ്ഞത് ചുമ്മാ അമർന്തിരക്ക് അകത്തിൽ ആത്മജ്യോതിയെ അതാണ് ഭഗവാൻ ഇന്നലെ പറഞ്ഞു കിഞ്ചിതപ്പി ചിന്തയെത്തുമ്പം ചിന്തകൾ അപ്പൊ ചിന്തകൾ ഉണ്ടാവാൻ കാരണം എന്താ വ്യവഹാരമാണ് പുറമേ നിന്നുള്ള വ്യവഹാരം പുറമേ നിന്നുള്ള തനിക്ക് എന്തോ ആഹ്വാനം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ചിന്തകൾ കൂടുതൽ കൂടുതൽ തുരിതുരേ വരണത് അപ്പം ഈ ചിന്തകൾ ബാഹ്യ വസ്തുക്കളോടുള്ള സമ്പർക്കം മൂലമാണ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് ഈ ചിന്തകളുടെ ഫ്ലോ പതുക്കെ കുറയണത് എന്ന ചിന്തയേത് എന്ന് ഭഗവാൻ പറഞ്ഞു ആ ചിന്തകൾക്ക് ആശ്രയം പുറമേയുള്ള വസ്തുക്കളാണ് പുറമേയുള്ള വസ്തുക്കളിലോടുള്ള ഡിപ്പെൻഡൻസ് കാമന കാരണമാണ് ധ്യാനവേളയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നത് അപ്പൊ ശനൈഹി ശനൈഹി പതുക്കെ പതുക്കെ എന്തെന്തു വസ്തുക്കൾ നമ്മൾ ചിത്തവൃത്തികളെ ഉണ്ടാക്കുന്നു സന്യസ്യ ശ്രവണം കുറയാതെ എന്നൊരു സമ്പ്രദായം സന്യാസം ചെയ്തിട്ട് എല്ലാം വിട്ടിട്ട് വന്ന് വേദാന്ത ശ്രവണം ചെയ്യുമ്പോഴും ഏകാന്തത്തിലിരിക്കുന്ന ആൾക്ക് കാണാം താൻ വിട്ട വസ്തുക്കളൊന്നും തന്നെ വിട്ടുപോയിട്ടില്ല എന്ന് കാണും പുറമേക്ക് വിട്ടു പക്ഷെ എന്താ അതൊക്കെ അകമേക്ക് അതിന്റെ സൂക്ഷ്മ രൂപത്തിൽ തങ്ങി നിൽക്കണു അപ്പൊ അകമേ അതിനെ വിടുന്നതാണ് ഉപരമണം എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞത് പതുക്കെതുക്കെ ശനൈ ശനൈ ഉപരമേത്ത് എങ്ങനെ ബുദ്ധിയാധൃതിഗ്രഹീതയാ ആത്മാനുഭവം നേടണമെന്ന് നിശ്ചയിച്ച ബുദ്ധി കൊണ്ട് ഇച്ഛാശക്തി കൊണ്ട് പതുക്കെ പതുക്കെ മനസ്സിനെ തന്നിലിരുത്തി ശീലിക്കുക അഥവാ ശ്രദ്ധ കൊണ്ട് മനസ്സിലെ ചിത്തവൃത്തികളുടെ വിടവിലുള്ള നിശ്ചലതയെ കാണുക മനസ്സിലെ ചിത്തവൃത്തികൾ ചിത്തവൃത്തികൾ വരണം ചിത്തവൃത്തികൾ ഒന്നും എൻ്റെതല്ല അതൊക്കെ വരുകയും പോകുകയും ചെയ്യുന്നു ഞാൻ ചിത്തവൃത്തികൾ വരുമ്പോഴും പോകുമ്പോഴും അത് നിക്കുമ്പോഴും ഒക്കെ ഞാനുണ്ട് എന്നെ ഇതൊന്നും അതിനൊക്കെ അധിഷ്ഠാനമായിരിക്കുന്ന സത്തയാണ് ഞാൻ ഞാൻ നിത്യശുദ്ധമായ വസ്തുവാണ് യാതൊന്നും എന്നെ കളങ്കപ്പെടുത്തുന്നില്ലെന്ന് ഉറച്ച് ശാന്തമായിട്ട് തന്നിൽ ഇരിക്കൽ ഞി തിന്തയെ എന്ന് പറഞ്ഞു ചിന്തകളെ സ്വയമേവ ഉണ്ടാക്കണ്ട ചിന്തകൾ വരികയാണെങ്കിൽ വരട്ടെ രാവിലെ എഴുന്നേറ്റ് കുറച്ചുനേരം അങ്ങനെ ഇരുന്ന് ശ്രമിക്കാം ഒന്നും ചെയ്യുന്നില്ല ഉറങ്ങി എഴുന്നേറ്റിട്ട് കുറച്ചുനേരം അങ്ങനെ ഇരിക്കാം പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ ചിത്തവൃത്തികൾ വരട്ടെ നമ്മളായിട്ട് ചിത്രവൃത്തികൾ വരുത്തണ്ട ചിത്തവൃത്തികൾ വരുമ്പോ അതിനോട് ശണ്ട കൂടണ്ട നല്ല ചിത്തവൃത്തിയാണോ ചീത്തവൃത്തിയാണോ ഒന്നും നോക്കണ്ട ഞാൻ എന്നുള്ള ചിത്തവൃത്തിയും വെറും ഒരു അഭിമാന വൃത്തിയും ഒരു ചലനം മാത്രമാണ് നമുക്കും കാണാമത് ശ്രദ്ധിക്കുമ്പോൾ കാണാം ഞാൻ ഇന്നവനാണെന്നും എനിക്കതുണ്ട് ഇന്ന കാര്യമുണ്ടെന്നും എനിക്ക് പലതും നേടിയെടുക്കാനുണ്ട് എന്നുള്ളത് ഒക്കെ തന്നെ ഒരു ചിത്തവൃത്തി മാത്രമാണ് അത് വരുക വര വരട്ടെ അതിനോടും ഒരു സംഘമില്ലാതെ കുറച്ച് നേരം മിണ്ടാതിരിക്കാം ആദ്യമൊക്കെ ഇങ്ങനെ സുനാമി വന്നിട്ട് ആളെ പൊക്കിക്കൊണ്ട് പോണ പോലെ ഈ മനസ്സ് വന്നിട്ട് നമ്മളെ എങ്ങനെ അതിൻ്റെ ഫ്ലോവിലേക്ക് എടുത്തോട്ട് പോവും അപ്പോഴും കുലുങ്ങാതെ ഇരുന്നിരുന്ന് അഭ്യസിക്കാം കുറെ കഴിയുമ്പോൾ നമുക്ക് ഒരു ഒരു അരമണിക്കൂർ ഇരുന്നാൽ കുറെ കഴിഞ്ഞാൽ കാണാം പതുക്കെ പതുക്കെ ആ ചിത്തവൃത്തികൾ നമ്മളുടെ മേലെയുള്ള ബാധ അതിന് കുറയും പതുക്കെ പതുക്കെ മനസ്സ് താനെ അടങ്ങും നിശ്ചലമാവും ശാന്തമാവും വളിഷ്യൻ അതായത് പരിശ്രമം കൊണ്ടുണ്ടാക്കുന്ന ചിത്തവൃത്തികൾ മതി ആത്മസംസ്ഥം മനഃകൃത്വ നിഞ്ചിതപി ചിന്തയേത് അങ്ങനെ ഇരിക്കുമ്പോഴും മനസ് പ്രബലമായി പിന്നെയും പൊന്തി പുറമേക്ക് പോകും അപ്പൊ എന്ത് ചെയ്യണം അടുത്ത ശ്ലോകം നോക്കും ആത്മന്യേവശം നീപ്പോ ജപം അല്ലെങ്കിൽ സാകാരമായ ഭഗവാന്റെ രൂപം എന്തിനെയെങ്കിലുമൊക്കെ ധ്യാനിക്കുകയാണെന്ന് വെച്ചോളാം ആദ്യം അങ്ങനെ നോക്കൂ ജപമോ ധ്യാനമോ ചെയ്യുന്നവർക്ക് മനസ്സ് ആ ധ്യാനത്തിനെ വിട്ട് ധ്യാന ആലംബത്തിനെ വിട്ട് പുറമേക്ക് ചഞ്ചലമായി പോകണം എന്തുകൊണ്ട് ചഞ്ചലമായി പോകുന്ന ഒരു കാരണം കൊണ്ട് യഥാ യഥാ യസ്മാത് കാരണാത് ഹിഷ്ചരത്തി ചഞ്ചലമായി മനസ്സ് ഏതോ ഒരു കാരണം കൊണ്ട് പുറപ്പെും ചിലപ്പോൾ വളരെ ചെറിയ കാരണമായിരിക്കും കുറച്ച് കൂടുതൽ കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ ആ കാരണം നികത്തുക ചിലപ്പോൾ പുറമെ ഏതെങ്കിലും വസ്തുവിനോടുള്ള ആസക്തി കാരണമായിരിക്കാം ആ ആസക്തി കാരണമാണെങ്കിൽ ആ ആസക്തിയെ വിമർശനം ചെയ്തിട്ട് ആ ആസക്തിയിൽ ദോഷം കണ്ടിട്ട് ദോഷദൃഷ്ടിക ദോഷദൃഷ്ടി കൊണ്ട് വിവേകം കൊണ്ട് മനസ്സിനെ പതുക്കെ തൻ്റെ ധ്യാനം ചെയ്യുന്ന രൂപത്തിലേക്ക് തന്നെ കൊണ്ടുവരിക മനസ്സേ എന്തിനാ ഇങ്ങടെ ഇങ്ങോക്കെ ചലിക്കണത് ഭഗവാന്റെ പാദത്തിലിരിക്കൂ ഭഗവത് രൂപത്തിനെ ധ്യാനിക്കൂ ഇങ്ങനെയൊക്കെ ഭക്തന്മാർ ധാരാളം കീർത്തനങ്ങൾ പാടിയിട്ടുണ്ട് ആ കീർത്തനങ്ങളൊക്കെ നോക്കിയാൽ കാണാം ആചാര്യസ്വാമികളുടെ ശിവാനന്ദ ലഹരിയിൽ കുറെ ശ്ലോകങ്ങൾ അങ്ങനെയുണ്ട് എന്തിനാ മനസ്സെ ഇങ്ങടെ ചഞ്ചലപ്പെടുന്നത് ശംഭുധ്യാന സരോവരം വ്രജ മനോംസാവസ്ഥിരം ക്ഷുദ്രാശ്രയ പല്ല ഭ്രമണ സഞ്ജാതശ്രമം മനസ്സേ ശംഭുധ്യാന സരോവരം ഒരു ധ്യാന സരോവരം ഉണ്ടാകാം ശ്ലോക ആരംഭയാ എന്തിനാ ഇങ്ങനെ ചഞ്ചലമായിട്ട് അലഞ്ഞു നടക്കുന്നത് എത്രയോ മഹാപുരുഷന്മാരുടെ ധ്യാനം കൊണ്ട് വിശിഷ്ടമായ എന്താണെ നിത്യാനന്ദ്രസ്വാൻ ആശ്രയം സ്വച്ഛം സദ്വിജ സേവിതം കലുഷഹൃദ് സദ്വാസനാവിഷ്കൃതം ശമ്പുധ്യാന സരോവരം വ്രജമനോഹംസാവതം സസ്ഥിരം ും ക്ഷുദ്രാശ്രയ പൽവല ഭ്രമണ സഞ്ജാതശ്രമം പ്രാപ്സ്യസി നിത്യാനന്ദരസാലയം നിത്യാനന്ദരസം നിറഞ്ഞിരിക്കുന്ന ഒരു ആലയം എന്താണ് ആത്മാവാകുന്ന ആലയം സുരമുനി സ്വന്തംബുജാതാശ്രയം ദേവന്മാരും മുനിമാരുടെയും ഹൃദയമാകുന്ന താമര അതിലാണ് വിടർന്നിരിക്കുന്നത് സ്വച്ഛം അതിനിർമ്മലമായ ജലം സദ്വിജ സേവിതം ദ്വിജൻ എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ എന്നർത്ഥം പക്ഷികൾ എന്നർത്ഥം നല്ല തപോനിഷ്ഠരായ ബ്രാഹ്മണരാൾ സേവിക്കപ്പെടുന്നതും കലുഷഹൃ സദ്വാസനാവിഷ്കൃതം കാലുഷ്യം നീക്കി ഭക്തി ജ്ഞാനം വൈരാഗ്യം സത്യം അഹിംസ എന്നുള്ള ദൈവീസമ്പത്തിനെ വളർത്തുന്നതും ശംഭുധ്യാന സരോവരം ഭഗവത് ധ്യാനമാകുന്ന ആ സരോവരത്തിനെ ആശ്രയിക്കൂ വൃഥ ലോകത്തിൽ എന്തിനു സഞ്ചരിക്കണു എന്തിനാ ചഞ്ചലമായി ലൗകിക വിഷയങ്ങളിൽ അലഞ്ഞു നടക്കണത് ഹേ മനസ്സേ ഇതൊക്കെ ഒരു ശ്ലോകം പറയണത് നമ്മൾ നമ്മളുടെ മനസ്സിന്റെ അടുത്ത് നാമം ജപിക്കാനിരിക്കുമ്പോൾ ഉള്ളില് പറയണം ഹേ മനസ്സേ നീ ടി കാണാൻ പോണ്ട നീ എന്തിനാ വെറുതെ ഈ ടി വി സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കണത് ഇതൊക്കെ കാണുന്നത് കൊണ്ട് നിനക്ക് എന്ത് പ്രയോജനം ഉണ്ടായി കാമവും ക്രോധവും ലോപവും മോഹവും മതവും ആത്സര്യവും വർദ്ധിച്ചു എന്നല്ലാതെ ഭക്തിയോ വൈരാഗ്യമോ ശാന്തിയോ എന്തെങ്കിലും നിനക്ക് കിട്ടിയോ നിനക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ലഭിച്ചോ അതൊക്കെയാണെങ്കിൽ നിനക്ക് ഭഗവത് ധ്യാനം കൊണ്ട് ആത്മവിചാരം കൊണ്ട് സത്സംഗം കൊണ്ട് കിട്ടേണ്ടതാണതൊക്കെ അത് നിനക്ക് ഈ ലോക വിഷയങ്ങളിലൊന്നും കിട്ടില്ല അതുകൊണ്ട് വെറുതെ അലഞ്ഞു നടക്കണ്ടാ മനസ്സെ എന്ന് മനസ്സിനോട് പറയാ തനിയെ സ്വച്ഛമായിട്ടിരുന്ന് വിചാരം ചെയ്യുക ഞാൻ ഇത്രയൊക്കെ അലഞ്ഞു നടന്നു ലോകത്തിൽ എനിക്ക് എന്ത് കിട്ടിയും പല വിഷയങ്ങളെയും ഭൂജിച്ചു ഇതുകൊണ്ട് എനിക്ക് സുഖം ഉണ്ടായോ കൂടുതൽ കൂടുതൽ ഞാൻ ഊർജം നഷ്ടപ്പെട്ടവനായും ശക്തി ചയിച്ചവനായും ചഞ്ചല മനസ്കനായും അശാന്തനായും താമസ ഗുണമുള്ളവനായും തീർന്നിരിക്കണു അതാണപ്പോൾ പ്രയോജനം ഇതൊക്കെ തന്നെ ഭഗവത് ധ്യാനത്തിന് പ്രയോജനപ്പെടുത്തിയിരുന്നുവെങ്കിൽ സത്വഗുണം വളർന്നിട്ടുണ്ടാവും ശാന്തി ഉണ്ടായിരുന്നിട്ടുണ്ടാവും വൈരാഗ്യം ഉണ്ടാവും വിവേകം ഉണ്ടാവും നിത്യമായ സുഖം ഉണ്ടാവും മറ്റുള്ളവർക്കും ഗുണമുണ്ടാവും എല്ലാവർക്കും പ്രയോജനപ്പെടും ഇതൊക്കെ ഏകാന്തത്തിലിരുന്ന് ജപം ചെയ്യുമ്പോ വായ കൊണ്ട് ജപിക്കുമ്പോ ഉള്ളുകൊണ്ട് ഇതൊക്കെ മനനം ചെയ്യാം മനസ്സിനോട് ഇങ്ങനെയൊക്കെ സംവാദം ചെയ്ത് നോക്കുക എന്നിട്ട് സാധിച്ചിട്ടില്ലെങ്കിലോ കരഞ്ഞു പ്രാർത്ഥിക്കാം അതും ഒരു വിവേകത്തിൻ്റെ പണിയാണ് കരഞ്ഞു പ്രാർത്ഥിക്കാം ആരെടുത്ത് പ്രാർത്ഥിക്കണോ ചിലർ ചോദിക്കുകയാണ് എനിക്ക് ഒരു പ്രത്യേക ഇഷ്ട ദൈവമൊന്നും കാണാനില്ല ഞാൻ ആരെടുത്ത് പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥിച്ചാൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഭഗവാൻ ഒരു പേരും രൂപവും കൊടുത്ത് പ്രാർത്ഥിക്കാം ഇല്ലെങ്കിൽ വെറുതെ കരഞ്ഞാൽ മതി കരഞ്ഞാൽ പ്രാർത്ഥനയായി കരഞ്ഞാൽ പ്രാർത്ഥനയായി ആര് കേൾക്കണു നിങ്ങൾ മുമ്പിൽ വിഗ്രഹം വെച്ചാലും ഫോട്ടോ വെച്ചാലും പ്രാർത്ഥിച്ചാലും ഒക്കെ തന്നെ ഹൃദയത്തിൽ നിന്ന് അന്തര്യാമിയാണ് കേട്ടിട്ട് അന്തര്യാമി രൂപത്തിലിരിക്കണ ഭഗവാനാണ് കേട്ടിട്ട് ഏതെങ്കിലും വിധത്തിലൊരു സൊല്യൂഷൻ തരാൻ അത് നിങ്ങൾ ഫോട്ടോവും വിഗ്രഹവും ഒക്കെ നിങ്ങളുടെ അജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഭഗവാൻ വേണ്ടിയിട്ടല്ല ആ ഫോട്ടോവും വിഗ്രഹവും ഒന്നും ഇല്ലെങ്കിലും ഉള്ളിലിരിക്കുന്ന ആൾ കേട്ടോളൂ വെറുതെ കരഞ്ഞാ മതി കരയെന്ന് പറയണത് ഏറ്റവും നാച്ചുറലാണ് എന്താന്ന് വെച്ചാൽ നമ്മള് ജനിച്ചപ്പോ ആദ്യം ചെയ്ത പ്രക്രിയ ആണത് ജനിച്ചപ്പോ ആദ്യം ചെയ്തതെന്താ കരഞ്ഞു അല്ലേ ആദ്യം ചെയ്യണതാണ് കരയിൽ ആരുടെ കരഞ്ഞു ആരെടുത്താ കരഞ്ഞേ ആരെ ഉദ്ദേശിച്ച കരുതേ ആരെ ഉദ്ദേശിച്ച കരുതേ ഉം ആരുല്ല കരഞ്ഞു അത്രേ ഉള്ളൂ അമ്മയും അറിയില്ല അച്ഛനും അറിയില്ല ലോകവും അറിയില്ല ദൈവവും അറിയില്ല ഒരു വിഷമം വന്നു കരഞ്ഞു കരഞ്ഞോടനെ എവിടുന്നോ അതിനുള്ള ആശ്വാസം വന്നു അല്ലേ ആ ആശ്വാസം വരുന്നത് തൻ്റെ അമ്മയാണെന്നോ താൻ കുടിക്കുന്നത് പാലാണെന്നോ ഒന്നും കുട്ടിക്ക് അറിയില്ല കരഞ്ഞു എവിടുന്നോ ആശ്വാസം വന്നു കുറെ കഴിഞ്ഞിട്ടാണ് തനിക്ക് ആശ്വാസം തരുന്ന ആ സോഴ്സിന് ഒരു അമ്മ എന്നുള്ള പേരും രൂപമൊക്കെ ഈ കുട്ടി കൊടുക്കണത് So first comes solution, then identification. Without mm -hmm. grace thissplut, unless you speak for the Buddha Wow, you find that here. Don't you be able to express a solution. Who can express that now? Ramana Maharshi says, Incha question, in the area of a balanced consult, even with the bhagavarians, dieser station what can you say? The source from where the question arises, there the answer is also hidden. Mm -hmm. Question is a form of question. Question is a form of question. Question is a form of question. Question is a form of peace. Talavetana comes to the next level. What is the meaning of Talavetana? Talavetana is not a form of peace. A form of peace. ദുഃഖം വരുമ്പോ അതിന് പരിഹാരം അതിന് പുറകിലുണ്ട് അതുകൊണ്ട് എന്തൊക്കെ വിഷമം വന്നാലും ദുഃഖം വന്നാലും ഒക്കെ തന്നെ വിവേകമുള്ളവർ വിവേചന സ്വഭാവമുള്ളവർ ചിന്തിക്കുന്ന സ്വഭാവമുള്ളവർ വിവേചിച്ച് ചിന്തിക്കട്ടെ വികാരമുള്ളവർ വിളിച്ചു കരയട്ടെ രണ്ടു തരത്തിലാണ് ആളുകൾ ചിലർ വികാരപ്രധാനികളാണ് ചിലർ വിവേക പ്രധാനികളാണ് വിവേക ചെയ്യട്ടെ ചിന്തിക്കട്ടെ വിശകലനം ചെയ്യട്ടെ ഇതൊക്കെ തനിക്ക് ദുഃഖകരമാണ് ഇതൊന്നും വേണ്ട എന്ന് നീക്കം ചെയ്യട്ടെ വികാരപ്രധാനികളായിട്ടുള്ളവർ വിളിച്ചുകൂവി കരയട്ടെ രണ്ടുപേർക്കും ആശ്വാസമുണ്ടാവും ഹൃദയത്തു നിന്നും തന്നെ ആശ്വാസമുണ്ടാവും അപ്പൊ പ്രാർത്ഥനക്ക് എവിടെങ്കിലും നമ്മൾക്ക് ഈശ്വരനിൽ വിശ്വാസമുണ്ടോ ഇല്ലയോ പുറമേ നിന്നൊരു ഈശ്വരൻ ആശ്വസിപ്പിച്ചോ ഇല്ലയോ നമ്മളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് നമ്മളുടെ തന്നെ അന്തര്യാമി ആശ്വസിപ്പിക്കും എല്ലാ ആശ്വാസവും അവിടെ നിന്ന് തന്നെ വരാ അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഏത് ദൈവം വേണം ഏത് അമ്പലത്തിൽ പോകണം ഏത് രൂപത്തിന് മുമ്പിൽ നിൽക്കണം നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ ചിലർക്കൊക്കെ സഹജമായി ഏതെങ്കിലും ഒരു മൂർത്തിയുടെ അടുത്ത് പ്രിയം ഉണ്ടാവും അവർക്ക് പ്രശ്നമില്ല അവർ നേരെ അവിടെ ചെന്ന് പറഞ്ഞോളും അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾക്ക് രാമകൃഷ്ണ പരമംശര തന്നെ പറയും രാമകൃഷ്ണദേവൻ കൊച്ചുകുട്ടികളെ പോലെ ആയിരുന്നു അപ്പൊ അദ്ദേഹം പറയും ഒരു ദിവസം എനിക്ക് കാലിലൊരു മുറി വന്നിട്ട് വല്ലാതെ വേദനിച്ചു ഞാൻ ആദ്യം കുറെ നേരം കൃഷ്ണ എന്ന് വിളിച്ചു അത് കഴിഞ്ഞ് ശിവശിവാന്ന് വിളിച്ചു അത് കാളി കാളി എന്ന് പറഞ്ഞു അദ്ദേഹം പറയണത് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മളൊക്കെ പോലെ പ്രാകൃതമായിട്ടാണല്ലോ അദ്ദേഹം പറയണതെന്ന് തോന്നുന്നു എന്തു വിളിക്കണമെന്നുള്ളതിലില്ല വിളിക്കണമെന്നുള്ള ഭാവം ഉള്ളിൽ ഉണ്ടായാൽ മതി നമുക്ക് അജ്ഞാനം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല പരിഹാരം ഉള്ളെന്ന് കിട്ടും അപ്പോ ഉള്ളില് നമ്മളുടെ സോഴ്സിൽ തന്നെ നമുക്ക് ഉത്തരണ്ട് മനസ്സ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് സഞ്ചലമാവുന്നു ആ കാരണങ്ങളെ വിചാരം കൊണ്ടോ വികാരം കൊണ്ടോ നീക്കം ചെയ്യാം തതസ്ത അനിയമ്യ അങ്ങനെ മനസ്സ് പതുക്കെ ശാന്തമാവും പലർക്കും ഭക്തന്മാരുടെ അനുഭവം എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും വിഷമം വരുമ്പോ ഇരുന്നങ്ങട് കരഞ്ഞു കഴിഞ്ഞാൽ ചിത്താർദ്രീഭാവം ഹർഷബാഷ്പം ചിത്വം ഭാഗവത ശ്ലോകം ഭട്ടതിരി പറഞ്ഞതാണ് മനസ്സങ്ങോട് കരഞ്ഞങ്ങട് ശുദ്ധമാക്കിയാൽ മനസ്സ് ശുദ്ധ ആവുന്നതാണ് തപസ് കൊണ്ടൊന്നും ശുദ്ധമാവാത്തത് കരഞ്ഞാൽ ശുദ്ധമാവും നമ്മൾക്ക് കരച്ചലെന്ന് പറഞ്ഞാൽ ദൗർബല്യമാണെന്നും കരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വീക്ക്നെസ് ആണെന്നും કે मलयाલીગલ આણે કરયાન પાડિલ્યા નું એક વિશ્વાસ ഉണ്ട്. だનෝ છે અલગાતા કુટિરક પેરાણી આ मलयाલીગલ ને આത്ര પડતું અલગ ગેલિયા. એనికి നല്ല વર્જીયાણ. എന്താണ് ഞാൻ തമിഴ്നാട് યાર എടുത്തും ഇപ്പൊ ഇവിടെക്കൊന്ന് കോസ്മോപോളിറ്റൻ ആണ്. எல்லാരണ്ട്. मलयाલીગલનું വെച്ചാൽ അവరికి ચલપ ભાવ ഒക്കെ വന്നാലും પોർത്തു കാണിക്കാത്തവരാണ് എന്ന് അർത്ഥം. അങ്ങോട്ട് കാണിക്കില്ല. അങ്ങോട്ട് ഇരിക്കും. ജർമ്മൻകാരെ പലയാണ് എന്ന് പറയുന്നു നമ്മളെ. അപ്പോ കരയ എന്ന് പറഞ്ഞാൽ അതൊരു ദൗർബല്യൊന്നുമല്ല ഭഗവാന്റെ അടുത്ത് കരയ എന്ന് പറഞ്ഞാൽ കരയ എന്ന് പറയണത് ആദ്യത്തെ സാധനയാണ് നമ്മൾ ജനിച്ചപ്പോ തുടങ്ങിയതാണ് കുവ കുവ കു എന്ന് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ആ ഭാവമുള്ളു വന്നാൽ പലപ്പോഴും ഭക്തി കൊണ്ട് അങ്ങട് കരഞ്ഞു തീർത്താൽ ചിത്തം അങ്ങോട്ട് ശുദ്ധാവും നിർമ്മലാവും പലർക്കുമുള്ള അനുഭവമാണ് ഒത്തിരി ഒരു വേദന വന്നു അതങ്ങോട് കണ്ണീരായിട്ട് പുറത്തു പോയാൽ അങ്ങോട്ട് ശുദ്ധമാവും നിർമ്മലമാവും പക്ഷെ അതിന് അഡിക്റ്റഡ് ആവരുത് ഇതൊരു ടെക്നിക്കാണെന്ന് വിചാരിച്ച് കരച്ചിൽ വരുത്തരുത് അത് സൂക്കേടായിട്ട് മറന്നു എനിത്തിങ് എവരിസ്റ്റ് ബി സ്പോണ്ടേനിയസ് സ്പോണ്ടേനിയസ് ആയിട്ട് അതായത് നിസർഗമായിട്ടിരിക്കണം ഉണ്ടാക്കാൻ പാടില്ല അപ്പം അങ്ങനെ ഏതെങ്കിലും വികാരം കൊണ്ടോ വിചാരം കൊണ്ടോ ധ്യാനത്തിനുള്ള തടസ്സത്തിനെ നീക്കം ചെയ്യുക എന്നിട്ടോ ആത്മനീയവശം നയ്യേ ആ നിശ്ചലതയിലേക്ക് ശാന്തിയിലേക്ക് അഭിമാനമില്ലാത്ത സ്ഥിതിയിലേക്ക് അഹങ്കാരമുദിക്കാത്ത ആ പൂർണാനുഭവ സ്ഥിതിയിലേക്ക് വന്നുകഴിഞ്ഞാൽ വന്നു എന്ന് എങ്ങനെ അറിയാം ഒരു നിറം ഉണ്ടാവും ഒരു ശാന്തിയുണ്ട് ചിത്തവൃത്തികളില്ല പ്രബല വികാരങ്ങളില്ല ഉള്ളിലൊരു പ്രസന്നത പ്രസാദേവദുഃഖാനം ഹാനി പ്രസന്നത മനസ്സ് വെളിക്ക് പോയില്ലെങ്കിൽ ബാഹ്യേ നിരുദ്ധേ മനസ്സ്രസന്നത മനഃ പ്രസാദേ പരമാത്മദർശനം തസ്മിൻ സുദൃഷ്ടേബന്ധനാശ ബഹിർനിരോധ പദവി വിമുക്തേ ബാഹ്യേ മനസ്സ് പുറമേക്കൊന്നും വിഷയങ്ങൾ കൊണ്ട് ബാധിക്കപ്പെടുന്നില്ലെങ്കിൽ മനസ്സ് പ്രസന്നമായിട്ടിരിക്കും പ്രസന്നമായാൽ എന്താ പരമാത്മദർശനം സ്വസ്വരൂപത്തിനെ അത് പ്രതിഫലിക്കും ജനന മരണമില്ലാത്ത ശുദ്ധ ചിദ്വസ്തുവാണ് ഞാനെന്നുള്ള അനുഭവം ഉണ്ടാകും ആത്മന്യേവം നയേത് അടുത്ത ശ്ലോകം നോക്കും അങ്ങനെ വീണ്ടും വീണ്ടും വീണ്ടും പുറമേക്ക് പോകുന്ന മനസ്സിനെ സ്വരൂപത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് എന്തൊക്കെ കാരണങ്ങൾ കാരണം മനസ്സ് വെളിയിലേക്ക് പോകുന്നു അതാത് കാരണങ്ങൾ നീക്കിയിട്ടും അല്ലെങ്കിൽ ആത്മവിചാരപ്പടി വിചാരങ്ങൾ ഉണ്ടാവുമ്പോൾ ആ വിചാരങ്ങളൊക്കെ ആർക്കു എന്ന് ചോദിച്ചു എനിക്ക് വരണു ഞാൻ ആരാണ് എത്ര വിചാരങ്ങൾ ഉദിച്ചു ഈ വിചാരങ്ങളൊക്കെ ആർക്ക് എനിക്ക് വരണു ഈ എനിക്ക് എന്നുള്ള ആ അഭിമാനത്തിലേക്ക് ശ്രദ്ധിച്ച് ഈ ഞാൻ എന്താണ് ഈ വിചാരങ്ങളെയൊക്കെ ചിന്തിക്കുന്ന ചിത്തവൃത്തികൾ ഉണ്ടാക്കുന്ന ഈ അഹം എന്താണ് എന്ന് വീണ്ടും വീണ്ടും ഈ അഹം എന്നുള്ള അനുഭവത്തിലേക്ക് വരുന്നു ഈ അഹം എന്നുള്ള കേവലമായ അനുഭവം സ്വസ്വരൂപം ആത്മാനുഭവമാണ് അതിൽ മനസ്സിന്റെ കലർപ്പൊന്നുമില്ലാതെ ശുദ്ധ ചിത്സ്വരൂപമായി നിൽക്കുമ്പോൾ എന്തുണ്ടാവും അതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത് നോക്കാം പ്രശാന്ത മനസം ഹീനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തം ബ്രഹ്മഭൂതമകൾമ അവിടെ ഒരു ശാന്തി ഉണ്ടാവണം നിർവികൽപ സമാധി എന്ന് യോഗികൾ പറയും ആ സമാധിസ്ഥിതിയിലാണ് ബ്രഹ്മാനുഭവം തെളിയണത് ആ നിർവികൽപ സമാധി എന്ന് വെച്ചാൽ വികല്പം എന്ന് വെച്ചാൽ ദ്വൈതം ഒരു വികല്പവും ഇല്ലെങ്കിൽ നിർവികൽപ്പം ഇപ്പൊ അതൊക്കെ പറഞ്ഞു വരാം വികല്പത്തോടു കൂടെ ഒരു ശാന്തി ഉണ്ട് വികല്പമില്ലാത്ത ഒരു ശാന്തി ഉണ്ട് നമ്മൾ നാമം ജപിച്ചു ഭജന അപക നല്ല സുഖമായിട്ടിരിക്കണമെന്ന് അത് വികൽപ്പത്തോടു കൂടെയാണ് സത്സംഗത്തിലിരിക്കുമ്പോൾ നല്ലൊരു ശാന്തി സുഖമായിട്ടിരിക്കുന്നു അത് സബീജം എന്ന് പറയത്തിൽ അതായത് ബീജം എന്ന് വെച്ചാൽ അതിൽ അജ്ഞാനം പോയിട്ടില്ല ശാന്തി എന്തോ കാരണം കൊണ്ട് ശാന്തി വരുകയാണ് ജപം കൊണ്ടോ ഭജന കൊണ്ടോ സത്സംഗം കൊണ്ടോ എന്തോ തത്കാലത്തേക്ക് ഒരു ഇൻഫ്ലുവൻസ് കാരണം ഒരു ശാന്തി വന്നു അതിൽ വാസനയുണ്ട് അല്ലെങ്കിൽ അജ്ഞാനമുണ്ട് അല്ലെങ്കിൽ അഭിമാനം പോയിട്ടില്ല ഞാൻ ഈ സുഖത്തിനെ അനുഭവിക്കുന്നു എന്നുള്ള ഒരാൾ അവിടെ ഉണ്ട് അതിനാണ് കൽമശം എന്ന് പറയണത് സുഖാസ്വാദം രസാസ്വാദം എന്നൊക്കെ പറയണത് അതവിടെ ഉള്ളതുകൊണ്ട് അത് നിർവികൽപ്പമല്ല സവികല്പമാണ് അതുകൊണ്ട് തന്നെ അതിൽ ബൈഫർക്കേഷൻ ഉണ്ട് അത് അല്പസുഖമാണ് ഇവിടെ ഭഗവാൻ പറയണു പ്രശാന്ത മനസ്സം ഇവൻ്റെ മനസ്സ് പ്രശമിച്ചിരിക്കുന്നു മനസ്സടങ്ങിപ്പോയിരിക്കുന്നു ഉത്തമം സുഖം എന്നുവെച്ചാൽ ആ ഉത്തമസുഖത്തിന് എന്താണ് ഇപ്പോ ഒരു ഡെഫനിഷൻ ശാന്തരജസം രജോ ഗുണം അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോയി എന്നുവെച്ചാൽ അതിൽ കാമം ക്രോധം ലോകം മോഹം മതം ആത്സര്യം രാഗം ദ്വേഷം ഒന്നുമില്ല എന്നുവച്ചാൽ ആ മനസ് ഉണർന്നു കഴിഞ്ഞാൽ ഇറ്റ് വേക്സ് അപ്പ് വിത്ത് ഇന്റലിജൻസ് ഉറക്കത്തിന്ന് എഴുന്നേൽക്കുമ്പോ അജ്ഞാനത്തോടുകൂടിയാണ് എഴുന്നേൽക്കണത് അതുപോലെ ചിലർക്കൊക്കെ തന്നെ വെളിച്ചപ്പാട് ഇളകുമല്ലോ അല്ലെ ചിലപ്പോ ഒരു സുഖമൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഇളകാടും അപ്പോഴൊക്കെ തന്നെയും അതിന് എഴുന്നേൽക്കുമ്പോഴും അവരൊന്നും ജ്ഞാനികളായിട്ടല്ല എഴുന്നേക്കണത് ചിലർക്കത് കഴിഞ്ഞാൽ ഡിപ്രഷൻ വരും ഒരു സുഖം ഉണ്ടായി കഴിഞ്ഞാൽ അടുത്തതൊരു ഡിപ്രഷൻ വരും അത് പോയി നഷ്ടപ്പെട്ടാൽ ഒരു ഡിപ്രഷൻ വരും അങ്ങനെ ഇല്ലാതെ രജോ ഗുണം പോയി അതായത് ധ്യാനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പുള്ള മനസ്സിൻ്റെ അവസ്ഥ വളരെ പ്രധാന ധ്യാനത്തിനുള്ളിലേക്ക് പ്രവേശിക്കണതിനു മുമ്പ് തന്നെ ഇയാൾ സത് സാത്വികനാണ് സാധനാ സമ്പന്നനാണ് എങ്കിൽ ഇയാൾ ധ്യാനത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ഉണ്ടാവുന്ന സുഖം ശാന്തരസമായിരിക്കും രജോഗുണത്തിൻ്റെ ഇൻഫ്ലുവൻസ് കറപ്ഷൻ ഇല്ല ്രഹ്മഭൂതം അതാണ് ഏറ്റവും പ്രധാന വാക്കതിൽ ഇതിൽ ഇയാൾ ശാന്തി അനുഭവിക്കണത് ഒരാളായിട്ട് നിന്നുകൊണ്ടല്ല ശാന്തിയെ ആയിട്ടാണ് സുഷുപ്തിയിൽ ഏകദേശം അതുപോലെയാണ് സംഭവിക്കുന്നത് സുഷുപ്തിയിൽ ഞാൻ ഒരാളിൽ നിന്നുകൊണ്ട് അനുഭവിക്കുന്ന ഞാൻ അങ്ങോട്ട് പോവാണ് അതേപോലെ അജ്ഞാനം നീങ്ങിയിട്ട് ജാഗ്രത് സുഷുപ്തി എന്ന് തന്നെ ഇതിന് പറയും ഇതിൽ ഒരേ എലമെന്റ് വ്യത്യാസം എന്താന്ന് വെച്ചാൽ ജാഗ്രതയുണ്ട് അലേർട്ട്നെസ് ഉണ്ട് പക്ഷേ പേർസണാലിറ്റി ഇല്ല ഇൻഡിവിജ്വൽ സെൻസ് ഇല്ല എന്തുണ്ടോ അതുണ്ട് ഈ ഇൻഡിവിജ്വൽ സെൻസ് ഇല്ലാത്തത് ഒരു കുറവും വരണില്ല യു ഗെയിൻ യുവർ റിയൽ ഇൻഡിവിജ്വാലിറ്റി റിയൽ എസെൻസ് സത്ത സത്താചിത് സുഖരൂപം അതിൽ ഞാൻ നീ അവൻ ഒന്നുമില്ല സത്താചിത് സുഖരൂപം അസ്തി സതതം നാഹം നചത്വം നേതം വാപി ജഗത് ആ ഉണർവില് ബ്രഹ്മഭൂതം അകൽമശം കൽമശം ഇല്ലാന്ന് പറഞ്ഞു കൽമശം എന്താന്ന് വെച്ചാൽ ഈ ഇൻഡിവിജ്വാലിറ്റിയാണ് ആ കൽമശം അവിടെ ഇല്ല സ്വയം താൻ അതുമായിരുന്നു കൊണ്ട് അതാണ് ഭൂമാവ് എന്ന് പറഞ്ഞത് എത്ര പശ്യതി വിചാനാതി എത്ര അന്യത് പശ്യതി അന്യത് ശൃണോതി അന്യദ് വിചാനാതി തൽപ്പം അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഇതൊക്കെ നമ്മൾ അകമേക്ക് പോയി കാണേണ്ട വിഷയങ്ങളാണ് അമേരിക്ക കാണാത്ത ആളുകളുടെ അടുത്ത് അമേരിക്കയെ കുറിച്ച് പ്രസംഗിച്ചാൽ പോയാലേ കാണാൻ പറ്റുള്ളൂ ഇവിടുന്ന് ഓ ആ ഊ പറേ അതുപോലെ ഈ അനുഭവത്തിനെ ഭഗവാൻ പറഞ്ഞു ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കണു കേൾക്ക അത്രേ ഉള്ളൂ കേട്ടിട്ട് ഇതൊക്കെ എന്തിനു വേണ്ടിട്ടാ ആ അനുഭവ സ്ഥിതിയിലേക്ക് പോവാനൊരു ഒരു ഡ്രൈവിംഗ് ഫോഴ്സാണത് പോകുമ്പോഴും നമുക്കൊരു നടന്നു പോയവരുടെ ഫുട് പ്രിൻസ് ഉണ്ടെങ്കിൽ വഴിയെറിയുമല്ലോ നമ്മൾ എവിടെ നിൽക്കണമെന്നറിയുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറഞ്ഞു ബ്രഹ്മഭൂതം പ്രശാന്ത മനസം സ്വയം താൻ ഒരു മനുഷ്യനായിരുന്നു കൊണ്ടോ സ്ത്രീ ആയിരുന്നു കൊണ്ടോ പുരുഷനായിരുന്നു കൊണ്ടോ ബ്രാഹ്മണനായിരുന്നു കൊണ്ടോ ക്ഷത്രിയനായിരുന്നു കൊണ്ടോ ഹിന്ദുവായിരുന്നു കൊണ്ടോ മുസൽമാനായിരുന്നു കൊണ്ടോ ആത്മാവിനെ അനുഭവിക്കുന്നത് താൻ ഒരു വ്യക്തിയായിരുന്നു കൊണ്ടല്ല മറിച്ച് സ്വയമേവ് താൻ തന്നെ അതുവായിരുന്നു കൊണ്ടാണ് അതിനെ അനുഭവിക്കുന്നത് ഇപ്പോഴും നമ്മൾ അതാണ് നിങ്ങളൊക്കെ ഇപ്പൊ തന്നെ അതാണ് ഞാൻ ഇന്നവനാണ് സ്ത്രീയാണ് പുരുഷനാണ് നല്ലവനാണ് ചീത്തയാണ് എന്നൊക്കെ വെറും ഭ്രമമാണ് ഇത് വാസ്തവത്തിൽ നിങ്ങളുടെ സ്വരൂപല്ല ഇപ്പൊ ഭഗവാൻ പറഞ്ഞ ഏതൊരു പ്രശാന്തി ഉണ്ടോ ഏതൊരു ബ്രഹ്മാനുഭവം ഉണ്ടോ ഏതൊരു അകൽമശമായ ശാന്തി ഉണ്ടോ അതാണ് നിങ്ങളുടെ സ്വരൂപം അതാണ് നിങ്ങൾ ജാഗ്രത സ്വപ്നം സുഷുപ്തി ഇതൊക്കെ തന്നെ നിങ്ങളുടെ ശുദ്ധ സ്വരൂപത്തില് വന്നും പോയി കൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ് ഈ അവസ്ഥകളൊന്നും നിങ്ങളെ അല്പം പോലും ബാധിക്കുന്നില്ല ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ അഹമസ്മി ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് എന്നുള്ള ഉണർവ് രൂപത്തിൽ ഏതൊരു ബോധമുണ്ടോ ആ ബോധം സ്വയമേവ പൂർണ്ണമാണ് സ്വയം പ്രകാശമാണ് അതിന് സ്ത്രീയോ പുരുഷനോ ഒന്നുമില്ല അതിൽ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ഒന്നുമില്ല അത് പരിപൂർണമായ ചിത് ചൈതന്യ വസ്തുവാണ് ശുദ്ധ വസ്തുവാണ് അതാണ് നിങ്ങളുടെ സ്വരൂപം അതാണ് നിങ്ങൾ ഇതിപ്പോ കേൾക്കുമ്പോ തന്നെ അതാണ് എന്നങ്ങളുടെ അനുഭവം കൊണ്ടൊന്നുറച്ച് ശ്രദ്ധിക്കാമെങ്കിൽ ആ ക്ഷണത്തിൽ അതാവും തുടർന്ന് ബോധം പ്രതി പ്രതി പ്രതി പ്രതി പോവുക തുടർന്ന് ശ്രദ്ധയിൽ വിടാതിരുന്നാൽ മതി അങ്ങനെയാണെങ്കിൽ പ്രശാന്ത മനസം ഹേനം യോഗിനം സുഖമുത്തമം ഉപൈത്തി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമം കൽമശമില്ലാത്തതും കളങ്കമില്ലാത്തതും അഭിമാനത്തിൻ്റെ ദോഷമില്ലാത്തതുമായ ആ ശാന്തി അവധിയില്ലാത്ത ആകാശം ചിതാകാശം അത് ധ്യാനവേളയിൽ ഒരു പ്രയാസം കൂടാതെ അകമേ തെളിഞ്ഞു കിടക്കും എല്ലരുടെ ഹൃദയത്തിലും താമരയിലേക്ക് വന്നിരിക്കുന്ന വണ്ടുപോലെ ആ അനുഭൂതി അവിടെ വന്നിരിക്കുമെന്നാണ് ആ അനുഭൂതി വന്നിരിക്കുമെന്ന് പറഞ്ഞ പുറമേന്ന് വരാനൊന്നുമില്ല അതാണോ ഉള്ളത് ഈ ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെ ഉണ്ടെന്നായിരിക്കണു അത് വെറും കല്പനയാണ് ഇതങ്ങനെ ശ്രവണം ചെയ്തതിനെ നിശ്ചയിച്ച് മനനം ചെയ്ത് ധ്യാനം ചെയ്ത് വീണ്ടും വീണ്ടും ഉറപ്പിച്ചാൽ ആ സുഖം ആത്യന്തികം സുഖം അകൽമഷമായ സുഖം ഹൃദയത്തില് പ്രകാശിക്കും അങ്ങനെ പ്രകാശിക്കുകയാണെങ്കിൽ അടുത്ത ശ്ലോകം നോക്കാം